എന്നിട്ട് അധ്യാസ സ്ഥിതി വിഷയത്തും വിഷയത്തിൽ അധ്യാസം തന്നിന്ന ആശ്രയത്വം അധ്യാസം വന്നാലേ വിഷയത്വം വരും വിഷയത്വം വന്നാലേ അധ്യാസം വരും അസ്മത് പ്രത്യ വിഷയത്വം എന്ന അധ്യാസം വരണം ദേഹവും ആത്മാവ് തമ്മിലുള്ള താതാന്യങ്ങളുണ്ട് താതാന്യം ഞാൻ വിഷയത്വം പക്ഷേ വിഷയത്വം വരാതെ തന്നെ കാരണം ഞാനെന്നറിയുന്നതാണ് താതാന്യം ദേഹത്തിൽ ഞാൻ എന്നുള്ള ഈ ബോധം ഇതാണ് താതാന്യ അനുഭവം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അധ്യാസം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടെങ്കിലേ ഇങ്ങനെ ഒരു അനുഭവം വരത്തുള്ളൂ കാരണം നമ്മുടെ താതാന്യം വരുമ്പോഴേ അനുഭവം വരത്തുള്ളൂ ൊരു അനുഭവം ഉള്ളപ്പോഴാണ് സാദാ നീ മരുന്നെന്നും പറയാം രണ്ടു തരത്തിലും പറയാം ഇനി ഇനി ആശ്രയത്തും വരുവല്ലോന്നും അങ്ങനെയല്ല ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു അഹം എന്നുള്ള ഒരു അനുഭവം വരണമെങ്കിൽ എന്നെ പൂർവ്വ ജന്മത്തിലെ വാസന ഉണ്ടായത് ഈ അധ്യാസത്തിന്റെ വാസന അതുകൊണ്ട് അധ്യാസ സംഭവിച്ച വിഷയത്വമാണ് ഞാൻ അറിയുന്ന ഹോന്ന് അണുപൂർവ അധ്യാസ തദ്വാസന വിഷയകൃത ഉത്തരോത്തരസ വിഷയത്വം ആദ്യം വാസന പൂർവവാസനകൾ തോന്നുന്നു വാസനകളുടെ അഹംബോധമുണ്ടാകുന്നു വീണ്ടും ദേഹവും ആത്മാവ് തമ്മിലുള്ള പ്രാധാന്യം ഉണ്ടാവുന്നു അതിൻ്റെ വാസന ഉണ്ടാവുന്നു വീട്ടും വിഷയത്വം വരുന്നു അറിയുന്നു അഹുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു അധ്യാസം വാസന പിന്നെ അഹംബോധം വീണ്ടും അധ്യാസം ഇങ്ങനെ പോകുന്നു നൈസർഗികോയം ലോകവ്യവഹാരം ഭാഷഗ്രന്ഥേ പൂർവപൂർവധ്യാസവാസനാവിഷയീകൃതോത്തരോധ വിഷയത്വവിരോധാതിത്വം നൈസർഗികോയം ലോകവ്യവഹാരം ഇത് ഭാഷ്യഗ്രന്ഥേ തസ്മത് സൃഷ്ടവം എന്ന തേകാന്തവിശയ ഇത് പൂർണമായ ആശയമല്ല ജീവോഹി ചിതാത്മതയാ സ്വയം പ്രകാശ്യതയ വിഷയോധികൂപേണ വിഷയം ഇതാണ് അദ്വീപത്തിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മാവറിവിന് വിഷയമാണോ അല്ല എന്തുകൊണ്ട് യഥോ വാചോ നിവർത്തന്തി അപ്രാപ്തി മനസ്സഹ ഇതിലങ്ങ് ജനിച്ചിടും പ്രമാണം അവിടെ പറഞ്ഞിരിക്കുന്നു നൈസർഗിച്ച് അനാദി നൈസർഗിച്ച് അനാദിയായി നൈസർഗിക ഒന്നിച്ച് അനാദിയായി ലോകവ്യവഹാരം നടക്കുന്നു ജന്മജന്മാന്തരങ്ങള് ൂറ് ജന്മത്തിലെല്ലാം നടന്നുകൊണ്ട് ഈ ജന്മത്തിൽ നടക്കും ഈ ജന്മത്തിൽ നടക്കുന്നുണ്ട് ഇനിയും നടക്കും മോക്ഷം നേടിയില്ലെന്ന് നൈസർഗികവും ചാനാകും അപ്പോ ആത്മാവ് വിഷയമല്ല അപ്പൊ ആ മനോ ഗോചരം ഇതിലെങ്ങ് ധരിച്ചിടും പ്രമാണമെന്ന് പറഞ്ഞിരിക്കുന്നു എവിടെ പറഞ്ഞിരിക്കുന്നത് ബാക്കി അതിന് മുമ്പുള്ള ഭാഗം ഇങ്ങനെ നോക്കാം അവിടെ ജീവിച്ചിട്ടുണ്ടോ അതാണോ ആത്മാവിഷയമല്ല അറിവിന് വിഷയമല്ല എന്തുകൊണ്ട് ഏതോ വായിച്ചോ നിവർത്തന്തേ അപ്രാപ്തി മനസ്സാസ്ഥ വാക്കും മനസ്സും എല്ലാം ഇതിൽ എത്തിച്ചേരുന്നില്ല ഇന്ദിരി അങ്ങനെ വാക്കിനും മനസ്സിനും എത്തിച്ചേരാൻ വയ്യാത്ത ഒന്നുണ്ട് അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുണ്ട് എന്നുള്ളതാണ് അദ്വൈത സിദ്ധാന്തം അത് മനസ്സിലാക്കാം ഉണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എവിടെയുണ്ടെന്നാണ് പറയുന്നത് സൂപ്പർ മാർഗറ്റുകൊണ്ടെന്നണ്ടാ പറയുന്നത് പിന്നെയോ അദ്വൈത സിദ്ധാന്തം അദ്വൈതികൾ അങ്ങനെയാ പറയും മനസിലായോ അങ്ങനെ ഒരു ആത്മാവുണ്ട് അവിടെ മനസ്സൊന്നും എത്തിച്ചേരത്തില്ല പക്ഷെ എങ്കിലും ഇപ്പൊ ഞാൻ ഞാനെന്ന് അറിയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ സൂപ്രത്യ വിഷയം പറഞ്ഞല്ലോ എന്നാൽ ഉപാധിയുമായി ഉപാധികളോടുകൂടി ചേരുമ്പം ഉപാധിയോട് കൂടി ആത്മാവ് വിഷയമാണ് അപ്പൊ ആത്മാവ് വിഷയമാണെന്ന് പറഞ്ഞാൽ ശരിയാണ് അപ്പോ ഒരു ശുദ്ധമായ ആത്മാവുണ്ട് അത് അറിവിന് വിഷയമുണ്ട് പക്ഷെ മനസ്സ് ശരീരം ഇന്ദ്രിയം ഇത്ര ഉപാധികളോടുകൂടി ഇരിക്കുന്ന ആത്മാവ് വിഷയമാണ് എന്നു പറഞ്ഞിരിക്കുന്നത് എന്താണ് ചിതാത്മതയാണ് അത് സ്വയം പ്രകാശതയത് സ്വയം പ്രകാശിക്കുന്നതാണ് മറ്റൊന്ന് തന്നെ സ്വയം പ്രകാശിക്ക സ്വയം അറിവായിരിക്കുന്നു സ്വയംപ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അത് അറിവായിരിക്കുന്നതാണ് ആ വിഷയോ അതി അത് അറിവിന് വിഷയമല്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയം പ്രമാണങ്ങൾക്കൊന്നും വിഷയമില്ല അപ്രമേയം എങ്കിലും ഔപാധികേന രൂപേണ ഔപാധികരൂപത്തിൽ എന്ന് വെച്ചാൽ അഹം പ്രത്യലംബനമായിട്ട് അഹം എന്നറിയുന്നുണ്ടെന്നും പറയുന്നുണ്ടല്ലോ ഉപാധികേന രൂപേണ വിഷയം അത് വിഷയമാണ് സ്വപാതി രൂപത്തിലത് അത് വിഷയമാണ് ശുദ്ധമായ രൂപത്തിലത് വിഷയമാണ് അതാണ് ചോദിച്ചത് വാങ്മനോ പ്രമാണം അദ്വിതയുടെ സിദ്ധാന്തത്തെ കുറേ അവിടെ ഒന്നും ഈ അറിവിനെ ഇങ്ങറിയാനും ആരും ഇല്ല ഒക്കാര്യ എന്നാ രണ്ടും പറയും ശരി രിക്കട്ടെ നപരാധീന പ്രകാശതയാ അഭിഷയത്വീന അധ്യാസാത്മ നോ പറയുന്നു ആത്മാവെന്ന് പറയുന്നത് സ്വയം പ്രകാശമായതുകൊണ്ട് അത് വിഷയമാണ് അത് വിഷയമല്ല യും പ്രകാശമാണ് അത് വിഷയമല്ല അതുകൊണ്ട് അതിന്റെ അധ്യാസം സംഭവിക്കത്തില്ല എന്നൊന്നും അല്ല ഞങ്ങള് പറയുന്നു പിന്നെന്താ ഞങ്ങൾ പറയുന്നത് ആത്മാവിന്റെ പ്രകാശമേ ഇല്ല ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു പ്രകാശിക്കുന്നു അതുകൊണ്ട് അത് വിഷയമേ ഇതാണ് ഞങ്ങൾ പറയുന്നത് ഒരു വസ്തു പ്രകാശിച്ചാലല്ലേ അത് വിഷയമാകത്തുള്ളൂ ഒരു വസ്തു പ്രകാശിക്കുന്നില്ലെങ്കിൽ പിന്നെ അതങ്ങനെ വിഷയമാകും അപ്പൊ ആത്മാവ് പ്രകാശിക്കണം പൂർവക്ഷ പറയണം ആത്മാവ് അങ്ങനെയൊന്നും പ്രകാശിക്കുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു അനുഭവം ഇല്ല അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് അത് വിഷയമാകുന്നില്ല അതാണ് ഞങ്ങളുടെ അഭിപ്രായം പൂർവക്ഷം പറയുന്നത് സ്വയംപ്രകാശമല്ല എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല സ്വയംപ്രകാശമായിക്കോട്ടെ പക്ഷെ അത് അനുഭവപ്പെടുന്നു അത് വിഷയമല്ല എന്നാണ് ആത്മാവ് കൊണ്ട് എന്ന് അംഗീകരിച്ചാലും അതിനൊരിക്കലും വിഷയമാക്കാൻ കഴിയിട്ടില്ല അത് വിഷയമായില്ലെങ്കിൽ പിന്നെങ്ങനെ അധ്യാസ സംഭവിക്കും കാരണം ആത്മാവും അനാത്മാവും തമ്മിൽ ഉള്ള താദാത്മീന്റെ അത്യാസം അപ്പോ അത് വിഷയമാവണമല്ലോ വിഷയമായാലല്ലേ അത്യാസം സംഭവിച്ചു അഹമെന്നുള്ള ബോധമുണ്ടാകുന്നു അഹമെന്നുള്ള ആ ബോധത്തിൽ ആത്മാവിനെ അറിയണോ അനാത്മാവിനെ അറിയണോ രണ്ടിനെ അറിയണം അപ്പൊ അത് വിഷയമായാലേ പറ്റു പക്ഷെ അത് വിഷയമാകത്തില്ലെന്നാണ് കൂർവക്ഷി അപരാധീന പ്രകാശ അപരാധീന പ്രകാശത അപരാധീന പ്രകാശം എന്നിട്ട് സ്വയം പ്രകാശത്വേന അഭിഷയത്വേന അതുകൊണ്ട് അത് അധ്യാസം അതുകൊണ്ട് അധ്യാസം പാകുന്നു അങ്ങനെ അധ്യാസം നിഷേധിക്കാൻ സ്വയംപ്രകാശമായത് കൊണ്ട് അത് അഭിഷയമാണ് അതുകൊണ്ട് അധ്യാസം നടക്കില്ലെന്നല്ല ഞങ്ങള് പറയുന്നു പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത് കിന്തു പ്രത്യേകാത്മാവി ആത്മാവ് സ്വയം പ്രകാശിക്കുന്നില്ല അതിനെ മറ്റാരും പ്രകാശിപ്പിക്കുന്നുമില്ല അതാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രത്യേകാത്മാവയം പ്രകാശിക്കുന്നില്ല നാവിപരത മറ്റാരും പ്രകാശിപ്പിക്കുന്നുമില്ല അതുകൊണ്ട് അവിഷയ അതുകൊണ്ട് പ്രത്യേകാത്മാവിഷയാണ് വിഷയമല്ല പിന്നെങ്ങനെ അധ്യാസം സംഭവിക്കുന്നു എന്താണ് അങ്ങനെ പറയുന്നത് ഇപ്പൊ രജു സർപ്പത്തിന്റെ അധ്യാസം ഉണ്ടാവുന്നത് ഇവിടെ രജ്ജു സർപ്പവും വിഷയമായാലേ അധ്യാസം ഉണ്ടാകത്തുള്ളൂ രജ്ജു സാമാന്യമായി ഇതോന്ന വിഷയമാകണം സർപ്പ സർപ്പമായിട്ട് വിഷയമാണോ എന്നാലേ അധ്യാസം ഉണ്ടാവും ഇവിടെ ആത്മാവില്ല ആത്മാവിന്റെ അധ്യാസം ഉണ്ടാവണമെങ്കിൽ ആത്മാവ് വിഷയമാകണം പ്രകാശിക്കുന്നില്ല അങ്ങനെ ഒരു അനുഭവം പിന്നെ എങ്ങനെയാ വിഷയമാകും ഇതാണ് പൊറോക്ഷി സർവത അപ്രഥമാനെ പ്രത്യേകാത്മനെ കുതു വത്യാസ അതുകൊണ്ട് എന്താണ് സർവത അപ്രഥമാനെ ഒരിക്കലും പ്രകാശിക്കുന്നില്ല എന്ത് പ്രത്യേകാത്മാ ആത്മാവിന്റെ പ്രകാശം ഒരിക്കലും സംഭവിക്കുന്നു പിന്നെ ഈ ഉള്ളില് നമുക്കുണ്ടാകുന്ന അറിവ് അത് കേവലം ബുദ്ധിയാണ് അത് പ്രത്യേകാത്മാവ് പ്രകാശിക്കാതിരിക്കും സർവത അപ്രഥമാണേ ഒരിക്കലും പ്രകാശിക്കുന്നില്ല എന്ത് പ്രത്യേക പുതു അധ്യാസ സംഭവിക്കർവധ എന്ന് പറഞ്ഞ ഒരു തരത്തിലും ഒരു പ്രകാരത്തിനു പ്രഥ എന്ന് പ്രകാശം പ്രഥമാനംന്ന് പ്രകാശിക്കുക അപ്രഥമാനം എന്ന് വെച്ചാൽ പ്രകാശിക്കാതിരിക്കുക പ്രഥ എന്ന് പറയുന്നൊരു ധാതുണ്ട് എന്റെ അർത്ഥം പ്രസിദ്ധി എന്ന് പറയുന്നത് അങ്ങനെ ഭൂമി അതൊക്കെ സ്വന്തം ഡിക്ഷണറി വെച്ചിരുന്നാ മതി ഇങ്ങോട്ടെടുക്കണ്ട ഇവിടെ ഇപ്പൊ നടപ്പിക്കില്ല ഭക്തന്മാരുടെ അടുത്ത് പോകുമ്പോൾ പറയാം അവിടെ ഇതിനൊക്കെ ആവശ്യം വരും ഇങ്ങനെയൊക്കെ ഒരർത്ഥം ഉണ്ടെന്ന് പറഞ്ഞാണ് അപ്പോ ഇവിടെ ചോദ്യം ഇതാണ് ഒരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യം നിങ്ങളുടെ ആത്മാവിന്റെ അനുഭവം ഉണ്ടോ ഇല്ലയോ ആത്മാവ് അനുഭവത്തിന് വിഷയമല്ല ശരി വിഷയമല്ലെങ്കിൽ അതിനർത്ഥം എന്താണ് ആത്മാവ് പറയുന്ന ഒന്ന് അനുഭവ രൂപത്തിലില്ല അതിനാരും അനുഭവിക്കുന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ അധ്യാസം സംഭവിക്കുന്നത് അഭവെന്നുള്ള ബോധം എങ്ങനെയുണ്ടാവും അപ്പൊ പിന്നെ ഈ ബോധം എന്ന് പറയുന്നത് എന്താണ് അത് കേവലം ബുദ്ധിയാണ് നമ്മുടെ ആത്മാവിനൊരു സ്ഥാനമില്ല അതാണ് പൂർവക്ഷ പറയുന്നത് പൊതുവധ്യാസം ഇതാണ് വ്യത്യാസം അദ്വൈതകള് പറയുന്നത് എന്താണ് ഈ ഞാനെന്ന് പറയുന്ന ഈ ബോധം ഇത് ആത്മാവും അനാത്മാവിന്റെ തമ്മിലുള്ള താതാത്മ്യം കൊണ്ടുണ്ടാവിയൊരു ബോധമാണ് ഇതിനാണ് വ്യത്യാസവും അപ്പോ പറയുന്നു അത് അങ്ങനെ വേണമെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന ഒന്നിന്റെ അനുഭവം നമുക്കുണ്ടാവണം നമ്മുടെ സിദ്ധാന്തത്തിൽ തന്നെ പറയുന്ന ആത്മാവിന്റെ അനുഭവം ആർക്കും ഉണ്ടാവത്തില്ല പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് ആത്മാവിനെ കൊണ്ടുവരുന്നു ഇനി അനുഭവങ്ങളൊക്കെ എന്താണ് ഇതൊക്കെ ബുദ്ധിയാണ് ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ വാക്കിനും മനസ്സിനുമൊക്കെ അതീതമായി സ്വീകരിക്കണം നിത്യശുദ്ധ ബുദ്ധ മുക്തമായി സ്വീകരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അത് സ്വയം പ്രകാശിക്കുന്നതാണത് അനുഭവ രൂപത്തിലുള്ളതാണെന്ന് പറയണം ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അഭ്യാസം എങ്ങനെയാണ് അതിന് മറുപടി പറയുന്നു അവരോക്ഷത്വച്ച പ്രത്യേകാത്മപ്രസിദ്ധയെ त्मे अपरोधिकर्थि प्रत्येका प्रसिद्ध प्रध प्रधान प्रभाष പ്രത്യേകാത്മാവിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രത്യേകാത്മാവിന്റെ അനുഭവം തസ്യവിടെ പ്രസിദ്ധ ചെയ്തൊരു നിഷഷ്ടിയാണ് ആ പ്രത്യേകാത്മാവിന്റെ അനുഭവം നമ്മുടെ ഉള്ളിലുണ്ട് ആത്മാഅനുഭവം അറിവ് അത് അപരോക്ഷത്വച്ച അത് അപരോക്ഷമാണ് പരോക്ഷമാണ് എന്നുവെച്ചാൽ അത് പ്രത്യക്ഷമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആത്മാവിനെ ഓരോരുത്തരും പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അതറിവാണ് അതിനു പ്രഥ എന്ന് പറയുന്നത് പ്രകാശിക്കുക പ്രസിദ്ധി എന്ന് വെച്ചാൽ പ്രകാശിക്കുക എന്നുവെച്ചറിവ് അപ്പൊ ഉള്ളിൽ ആത്മാവിന്റെ അപരോക്ഷമായ അനുഭവം എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഈ പറയുന്നത് കാരണം ഈ പറയുന്നത് ഇവിടെ ആത്മാവെന്ന് പറയുന്ന അറിവിനെയാണ് ആത്മാവെന്ന് പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് അറിവിനെ തന്നെയാണ് ആ അറിവെന്ന് പറയുന്നത് അത് തന്നെയാണ് അനുഭവം എന്ന് പറയുന്നത് അത് മറഞ്ഞിരിക്കുന്ന ഒന്നല്ല അതെപ്പോഴും അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ അറിവ് തന്നെയാണ് ആത്മാവെന്നാണ് ഈ പറയുന്നത് പ്രതീച അങ്ങന പ്രത്യേകാത്മാവിന്റെ പ്രത്യക് എന്ന് പറയുന്നതിന്റെ ഷഷ്ടിയാണ് പ്രതീച പ്രത്യേകാത്മാ പ്രത്യേകാത്മാവിന്റെ പ്രതീക ആത്മനാന്ന് വെച്ച പ്രതിക്കായിരിക്കുന്ന ആത്മാവിന്റെ പ്രസിദ്ധി എന്ന് വെച്ചാ എന്റെ പ്രകാശം അപ്പൊ എന്താണ് പ്രത്യേകാത്മാവെന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം അതൊക്കെ വ്യാഖ്യാനിച്ചു പ്രദീപം വിപരീതം അഞ്ജലി ജാനാതീതി പ്രത്യേക ആത്മീയതി പ്രത്യേക ആത്മാന്നൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞ ദിവസം കേട്ടാ കൂടി പറഞ്ഞു കേട്ടു വീണ്ടും പറയും അതായത് ശരീരം ഇതിന് ഇതിൽ നിന്ന വേറിട്ട് എന്തിനെ അറിയുന്നോ അതിനെയാണ് പ്രത്യേകം എന്ന് പറയുന്നത് അതിവിടെ അത്വീതി എന്താണ് നമ്മള് ശരീരം ഇന്ദ്രിയം ഇതിനെയൊക്കെ അറിയുമ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ അറിയുന്നു എന്തുകൊണ്ട് എന്റെ ശരീരം എന്റെ ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നു ശരീര എന്റെ ഇന്ദ്രിയം എന്നൊക്കെ പറയുമ്പോൾ ശരീര ഇന്ദ്രിയങ്ങളിൽ നിന്ന് വേറിട്ടൊരു ഞാനുണ്ട് അതിന് പ്രത്യേകം എന്ന് പറയും എന്തുകൊണ്ട് പ്രത്യേകം എന്ന് പറയുന്നു ശരീരാദികളിൽ നിന്നും വിപരീതമായി അതിനറിയുന്നു അതിൽ നിന്നൊക്കെ വേറിട്ട് ഞാൻ അറിയുന്നു എന്റെ അതിന് ശരീരാദികളെ അറിയുന്നുണ്ടെങ്കിൽ ഞാനായിരിക്കുന്നതാണ് പ്രത്യേക അതാണ് ആത്മാവ് അസു ആത്മാവ പ്രത്യേകാത്മാവ് എന്തിൽ നിന്ന് വേറിട്ടറിയുന്നു വേറിട്ടറിയുന്നതാണ് പ്രത്യേകം അങ്ങനെ അറിയുന്നു എന്നാണ് എന്നുവെച്ചാൽ ഈ അറിവെന്ന് പറയുന്നത് അദ്വൈതികളുടെ പണ്ടത്തെ അറിവ് വെച്ച് പറയണത് എന്റെ ശരീരം എന്റെ ഇന്ദ്രിയോ എന്നൊക്കെ പറയുമ്പോ എന്റെ എന്ന് പറയുന്ന എന്താണ് ഇത് അപ്പൊ ആരാണ് അവിടെ ഈ ഞാൻ ഞാൻ എന്ന് പറയുന്നതാണ് പ്രത്യേക ആ അത് അറിവാണ് അഹംബോധമുണ്ട് അറിവ് അഹങ്കാരമുണ്ട് അറിവ് അതിന് അത് ആ അറിവെന്ന് പറയുന്നത് നമ്മളിൽ പ്രത്യക്ഷമായിരിക്കുന്നു അതാണ് പ്രത്യേകാത്മ പ്രസിദ്ധേഹ അപരോക്ഷത്വച്ച അത് നമ്മുടെ ഉള്ളില് ഒരു സ്വതന്ത്രമായ പ്രത്യക്ഷമായിരിക്കുന്ന ഒരറിവുണ്ട് അറിവെപ്പോഴും ഇങ്ങനെ അനുഭവ രൂപത്തിലിരിക്കുകയാണ് ആ അറിവ് നിത്യമാണ് ശുദ്ധമാണ് മുക്തമാണ് അതാണ് പ്രത്യേകാത്മാവ് എന്നാണ് അദ്വീതി പറയുന്നത് അതായത് മാറിക്കൊണ്ടിരിക്കുന്ന റിവ് ഉണ്ടായി എന്ന് പറയുന്ന അതല്ല ആ അറിവല്ല ഇപ്പം അതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നുള്ള രീതി അത് മറഞ്ഞിരിക്കുന്നില്ല പ്രത്യക്ഷംന്ന് പറഞ്ഞ ഇതാണ് അറിവിന്റെ ഒരു പ്രത്യേകത എന്താണ് അത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നാൽ അത് മറയാൻ പറ്റില്ല അതാണ് പ്രത്യക്ഷമായിരിക്കുക കാരണിപ്പോൾ എൻ്റെ ഈ മേസിക്കകത്തിരിക്കുന്ന ഒരു വസ്തു എന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് പക്ഷേ മേസിക്കകത്തായ കൊണ്ട് അത് മറഞ്ഞിരിക്കുന്നു പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവെന്ന് പറയുന്നത് അത് എന്ത് അനുഭവ രൂപത്തിൽ ഇരിക്കുന്നു എന്നെ പറയാൻ പറ്റും അനുഭവ രൂപത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനെയാണ് എന്താ പറയുന്നത് അപരോക്ഷം പ്രത്യക്ഷനുഭവ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് അറിവായിരിക്കുന്നുണ്ട് അതങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപരോഷങ്ങൾ രണ്ടു ഒന്നു തന്നെ അപരോഷം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത് മനസിലായ ചിലപ്പോ പൊട്ടത്തേങ്ങാന്ന് പറയും ചിലപ്പോ ഉണക്കത്തേങ്ങാന്ന് പറയും രണ്ടു ഒന്ന് തന്നെ പിന്നെ അറിവിന് വേറി എന്നൊക്കെ പറയുന്നത് എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നുള്ളതാണ് ഒന്നും മലയാളത്തിലുള്ള ശബ്ദങ്ങളാണ് നിശ്ചിതമായ അർത്ഥമൊന്നും അതിന് ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് നമ്മള് സന്ദർഭമനുസരിച്ച് സിദ്ധാന്തം അനുസരിച്ച് സൗകര്യം പോലെയൊക്കെ വ്യാഖ്യാനിക്കാം പിന്നെ അന്വയിക്കുന്നതിന് പ്രത്യേകിച്ച് നിയമമില്ല മുമ്പിലോട്ട് ചേർക്കണോ പെമ്പിലോട്ട് ചേർക്കണോ എങ്ങനെയാണോ ചേർത്ത് അന്വയിക്കാം അപ്പൊ പലതരത്തിൽ അർത്ഥം പറയാം കൃത്യമായ ഒരു അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല എഴുതിയ ആളിന്റെ മനസ്സിലെന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അത് എഴുതിയാളിനെ അറിയാൻ പറ്റും പിന്നെ അത് അദ്വീതത്തിന്റെ സിദ്ധാന്തത്തിന് യോജിച്ച രീതിയിൽ വ്യാഖ്യാനിക്കാന്നുള്ളതേ ഉള്ളൂ പലതരത്തിൽ വ്യാഖ്യാനിക്കും അതിനൊന്ന് കൃത്യമായി അർത്ഥം പറയാൻ പറ്റിയ കാര്യങ്ങളുണ്ട് അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ ആള് പറഞ്ഞ ആള് ശരി മറ്റേ ആള് പറഞ്ഞു ശരിയല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചില സ്ഥലങ്ങളിൽ വ്യക്തമായി പറയും ചിലടത്ത് അങ്ങനെ പലതരത്തിൽ അർത്ഥം പറയത്തക്ക രീതിയിലും പറയും കാരണം കവിതയാണോ പഴയ കവിത എഴുതുമ്പോ അങ്ങനെയാണ് അപ്പൊ പ്രത്യേകാത്മപ്രസിദ്ധേഹി അപരോക്ഷത്വ അപ്പൊ ഇവിടുത്തെ പ്രത്യേകത പ്രത്യേകാത്മപ്രസിദ്ധേഹി എന്ന് പറയുന്നത് ഷഷ്ടിയാണ് അതിന്റെ അപരോക്ഷത്വം എന്നാണ് പ്രത്യേകാത്മാവ് പ്രസിദ്ധി എന്ന് പറയുമ്പോൾ പ്രത്യേകാത്മാവിന്റെ അറിവ് എന്ന് വെച്ചാൽ പ്രത്യേകാത്മാവായിരിക്കുന്ന അറിവ് അനുഭവം അതാണ് പ്രത്യേകാത്മാവ് അതാണ് ആത്മാവ് അത് അപരോക്ഷമായിരിക്കുന്നു അത് ഈ പ്രത്യേകാത്മാവിന്റെ പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകാത്മാവിന്റെ അനുഭവം എന്ന് വരും അപ്പോൾ ഈ പ്രത്യേകാത്മാവ് വേറെ അനുഭവം വേറെ അങ്ങനെ രണ്ടുണ്ടോ കാരണം അദ്വീതി പ്രത്യേകാത്മാവ് എന്ന് പറയുന്ന അറിവിനെയാണ് അപ്പൊ അറിവിന്റെ അനുഭവം എന്ന് പറയാൻ അറിവ് വേറെ അനുഭവം വേറെ രണ്ടുണ്ടോ ഇല്ല തന്നെയാണ് അനുഭവം അതടുത്ത് പറയുന്നത് യത്യവി പ്രത്യേകാത്മനിഥാസ്തി പ്രത്യേകാത്മാവിൽ വേറൊരു പ്രകാശമുണ്ട് പ്രത്യേകാത്മാവെന്ന് പറയുന്നത് തന്നെയാണ് പ്രകാശം പ്രത്യേകാത്മാവിന്റെ പ്രകാശങ്ങൾ പറയുന്നത് ശരിയാണ് പ്രത്യേകാത്മാവെന്ന് തന്നെ പ്രകാശം പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അറിവ് പ്രത്യേകാത്മാവെന്ന് പറഞ്ഞാൽ എന്താർത്ഥം അറിവ് ഇപ്പൊ രണ്ടും പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു പ്രത്യേകാത്മ പ്രതാപ്തി തഥാ വിഭേദോപചാരം അവിടെ പ്രത്യേകാത്മാവിന്റെ പ്രകാശം ഒന്ന് ഗൌണത്തിൽ പറഞ്ഞിരിക്കുകയാണ് രാഹുവോ ശിര എന്ന് പറയുന്നത് രാഹു തന്നെയാണ് ശിരസ് എന്നാലും പറയും രാഹുവോ ശിര ഉപചാരമായെന്നുവെച്ച ഗൌണമായി പറയാണ് രണ്ടും വേറെയാണെന്നുള്ള ഭേദം എന്ത് പ്രത്യേകാത്മാവ് രണ്ടും വേറെയാണെന്ന് തോന്നത്തക്ക രീതി പറയുന്നത് ഗൗണപ്രയോഗമാണ് അവിടെ ഭേദമൊന്നുമില്ല ഒന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും പ്രത്യേക ആത്മാവിന്റെ പ്രഥ എന്നൊക്കെ പറയും ഉദാഹരണം പറയുന്നു യഥാ പുരുഷ ചൈതന്യം പുരുഷസ് ചൈതന്യം എന്ന് പറയുന്നത് ശരിയല്ല അത് ഭേദത്തെ ഗുണമായി പറയണമെന്നുണ്ട് പുരുഷൻ തന്നെയാണ് ചൈതന്യം ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ അറിവ് പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിവ് ആത്മാവിന്റെ അറിവെന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആത്മാവാണറിവ് ഇപ്പൊ പുരുഷന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ പുരുഷൻ തന്നെ ചൈതന്യം ചൈതന്യം തന്നെ പുരുഷൻ എന്നാണ് പക്ഷെ ഭാഷാപ്രയോഗത്തിൽ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നു അതുപോലെ പ്രത്യേകാത്മാവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ പ്രത്യേകാത്മാവ് തന്നെയാണ് അറിവ് അത് സദാപ്രത്യക്ഷമായിരിക്കുന്നു അതുകൊണ്ട് അപരോക്ഷമായിരിക്കുന്നു അതിൽ അധ്യാസം സംഭവിക്കുന്നു പറഞ്ഞു വരുന്നു പ്രത്യേകാത്മാവിൽ ദേഹാദികളുടെ താതാന്മിയ സംഭവം താത്വീതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഏതൊക്കം ഭൂതി പറഞ്ഞൊരു താല്പര്യം ഇതാണ് അവശ്യം ചിതാത്മാ അപരോക്ഷോ അഭിഭേതവ്യ പൊതു നമ്മുടെ ഉള്ളിലിരുന്ന ചിതാത്മാവ് അറിവ് അതിനെ അപരോക്ഷമായി അവശ്യം അഭ്യപേദ അതിനപരോക്ഷമായി തന്നെ സ്വീകരിക്കുന്നു എന്നുവെച്ചാൽ അത് അറിവായി അനുഭവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ സ്വീകരിക്കുന്നു അതാണ് ആത്മാവെന്ന് നമ്മുടെ ഉള്ളിൽ എന്താണോ അനുഭവ രൂപത്തിലിരിക്കുന്നത് അതാണ് അപരോക്ഷമായിരിക്കുന്ന എന്തോ അതാണ് ആത്മാവ് അതാണ് അവശ്യം ചിതാത്മാഅ അപരോക്ഷ്യ തപ്രഥായം അത് പ്രകാശിക്കാതിരുന്നാലോ ഉള്ളിലിരിക്കുന്ന ഈ ചിതാത്മാവ് അറിവ് പ്രകാശിക്കാതിരുന്നാൽ സൗസ്യ അപ്രഥനേന ഒന്നുകൂടെ പ്രകാശിക്കാതിരുന്നെച്ച അറിവേ ഇല്ലാതെ ഒരു മനുഷ്യൻ ച്ചാ സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന അറിവിനെ നിഷേധിച്ചാൽ പിന്നെ ഒന്നിന്റെ അറിവുണ്ടാകത്തില്ല അപ്പൊ സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ് ഉള്ളിൽ അറിവായിരിക്കുന്നു എന്ന് സ്വീകരിക്കണം ആ അറിവിനെയാണ് എന്ത് പറയുന്നത് പ്രത്യേകാത്മാ അത് മനസ് സ്വീകരിക്കേണ്ട സ്വീകരിക്കേണ്ടതാണ് അഭ്യുഭേദി അങ്ങനെ അംഗീകരിക്കേണ്ടതാണ് എന്തിനാ ചിതാത്മാവിനെ അപരോക്ഷമായി അംഗീകരിക്കണം മനസിലായതപ്രധായം അത് പ്രകാശിക്കാതിരുന്നാണ് ഉള്ളിലിരിക്കുന്ന ഈ അറിവായിരിക്കുന്ന ചിതാത്മാവ് പ്രകാശിക്കാതിരുന്നു കഴിഞ്ഞാൽ സർവസ്യ അപ്രഥനേന ഒന്നും പിന്നെ അറിയാതെ വരും ഒന്നും പ്രകാശിക്കില്ല പുസ്തകത്തെ അറിയില്ല മേശ അറിയില്ല ഒന്നിനെ അറിയില്ല ജഗതാന്ധ്യ പ്രസംഗ ജഗത് ലോകം അറിയാത്തതായിപ്പോ ജഗത്തൊന്നുപോലെ നമ്മുടെ ശരീരം ഉൾപ്പെടെ ഒന്നും അറിവിനും വിഷയമല്ലാതായിപ്പോ ജഗതാന്ധ്യം എന്ന് പറയുന്നത് ഉറക്കം പോലെ ഉറക്കം പോലെന്റേയും ഒന്നും അറിയാത്തൊരവസ്ഥയിലായിപ്പോ അപ്പോൾ ഒന്ന് സ്വീകരിക്കണം ഉള്ളിൽ ചിതാത്മാവ് അറിവായി അനുഭവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ആ അനുഭവത്തിലൂടെ ലോകത്തെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ ആ അറിവുകൊണ്ടറി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് സർവസ്യ അപ്രധനേന ഒന്നും പ്രകാശിക്കാതിരുന്നാൽ ജഗതാന്ത്യപ്രസംഗ ജഗതിൽ ഇരട്ടുകയറ ജഗതിന് ആന്ധ്യത്വം വരും എന്ന് പറഞ്ഞാൽ എന്താണ് ജഗത്ത് അന്ധത വരും അറിയാൻ കഴിയാതെ ഇപ്പം എന്ത് ഉള്ളിൽ അറിവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവ രൂപത്തിലിരിക്കുന്നു അനുഭവ രൂപത്തിലിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാത്തിനെയും അറിയുന്നു ആ അറിവിലൂടെ എല്ലാത്തിനെയും അറിയുന്നു ശ്രുതിശ്ചാത്രഭതി ഇക്കാര്യത്തിൽ ശ്രുതി പറയുന്നുണ്ട് എന്താണ് തമേവ ഭാന്തം അനുപാതി സർവന്തസ് ഭാഷാ സർവമിതം ാന്തം ഭാന്തം തമേവ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് അനുഭാതി സർവ അതിനെ തുടർന്നാണ് ബാക്കിയെല്ലാം അനുഭവപ്പെടുന്നത് ഉള്ളിൽ ആത്മാവ് അനുഭവപ്പെടുന്നത് ബാക്കി സർവത്തെയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അതാണ് ഭാന്തം തമേവ സർവം അനുഭവ ഉള്ളിലിരിക്കുന്ന ആത്മപ്രകാശം കൊണ്ടാണ് സർവീതം ഭാതി ഈ കാണുന്ന സർവ്വതും അനുഭവപ്പെടുന്നത് അപ്പൊ അറിവില്ലെങ്കിൽ ഒന്നിനെയും അറിയാൻ പറ്റില്ല എന്ന് ചെറുപ്പം അറിവുണ്ടെങ്കിൽ എല്ലാത്തിനെയും അറിയാൻ കഴിയും അതാണ് ഈ പറയുന്നത് അറിവരിക്കുന്നോണ്ടാണ് സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിൽ അറിവില്ലെങ്കിൽ പിന്നെ എന്തറിയാനോ ഈ കാര്യത്തിൽ ആർഗഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളല്ലേ ഭൗതികവാദിക്കോ ആത്മീയവാദിക്കോ ദ്വീതിക്കോ അദ്വീതിക്കോ എന്ന് അഭിപ്രായത്തിന ഉള്ളിൽ അറിവരിക്കുന്നൊണ്ടാണ് സർവത്തെ അറിയുന്നത് പിന്നെ ഇവിടെ എന്താണ് വ്യത്യാസം എന്താണ് അവിടുത്തെ വ്യത്യാസം ആ എല്ലാത്തിനെയും അറിയുന്ന ആ അറിവാണോ പ്രത്യേകാത്മാവ് അവിടെയാണ് തർക്കം ആ ഉള്ളിലിരിക്കുന്ന അതിലാണോ ശരീരത്തിന്റെ താതാമ്യം സംഭവിച്ചിട്ട് അഹം എന്നറിയുന്നത് ഇതൊക്കെയാണ് തർക്കമുള്ള കാര്യങ്ങൾ അല്ല അറിവ് ഉള്ളിലുള്ളത് കൊണ്ടാണ് എല്ലാത്തിനെയും അറിയുന്നത് എന്നുള്ളതിലൊന്നും ആർക്കും തർക്കമില്ല നമ്മുടെ കൂടെ അറിയില്ലെങ്കിൽ എന്തെങ്കിലും അറിയാൻ പറ്റും ഒന്നും അറിയാൻ പറ്റത്തില്ല അറിവാണോ പ്രത്യേകാത്മാവ് ഇവിടെ പറയുന്നു അവിടെ തർക്കമുള്ളൂ ഭാമതികാരന്റെ അർത്ഥമാണ് പറയുന്നത് വിവരണകാരന്റെ അർത്ഥം പറയുമ്പോഴത്തേക്ക് രണ്ടായിട്ടർത്ഥം പറയുന്നു അപരോക്ഷത്വ ആത്മാവ് അപരോക്ഷമായിരിക്കുന്നു പ്രത്യേകാത്മപ്രസിദ്ധേഹേ പ്രത്യേകാത്മപ്രസിദ്ധേഹേ അതും പഞ്ചമിയാണ് വിവരണകാരന്റെ അഭിപ്രായം ആത്മാവ് അപരോക്ഷമായിരിക്കുന്നു ഒരു ഹേദി അതുകൊണ്ട് അത്യാവശ്യം സംഭവിക്കും രണ്ടാമത് പ്രത്യേകാത്മ പ്രസിദ്ധേഹേച്ഛ പ്രത്യേകാത്മാവ് പ്രസിദ്ധമായിരിക്കുന്നു അത് ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അത്യാസം സംഭവിക്കും ഷഷ്ടിയല്ല പഞ്ചമി അല്ല രണ്ടായിട്ടെടുക്കും അപരോക്ഷത്വാ പ്രത്യേകാത്മ പ്രസിദ്ധേഹേച്ഛ അതാണ് വിവരണകാരണം ഭാവുക കാരണം നിങ്ങളുടെ വ്യത്യാസം ആശയമൊക്കെ ഒന്ന് തന്നെ വരും പക്ഷെ അന്വയിക്കുന്നതിനും അർത്ഥം പറയുന്നതിനും വിഭക്തിയൊക്കെ എടുക്കുന്നതിനും ഒക്കെ വ്യത്യാസം വരും ഒരാള് ഷഷ്ടിയായിട്ടെടുത്തത് ഭാമതികാലം ഷഷ്ടിയായിട്ടെടുത്തത് വിവരണകാലം പഞ്ചമിയായിട്ടെടുത്തത് പ്രസിദ്ധിയഹയം എന്ന് പറയുന്നത് രണ്ടും പഞ്ചമി ഷഷ്ടിയും ഒരുപോലെയാണ് അപ്പോൾ അപരോക്ഷമായിരിക്കുന്നത് കൊണ്ട് അപരോക്ഷത്വ ഉള്ളിലിരിക്കുന്ന അറിവ് അപരോക്ഷമായിരിക്കുന്നതുകൊണ്ടവിടെ അധ്യാസം സംഭവിക്കാം പ്രത്യേകാത്മാ പ്രസിദ്ധേയ ഉള്ളിലിരിക്കുന്ന അറിവായിരിക്കുന്ന പ്രത്യേകാത്മാവ് അത് പ്രസിദ്ധേഹേ അത് അനുഭവ രൂപത്തിരിക്കുന്നു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നു എന്ന് പറയുമ്പോൾ അതിനെ പഞ്ചമിയായിട്ടെടുത്ത് രണ്ടായിട്ടെടുക്കുകയാണെങ്കിൽ വിവരണ വ്യാഖ്യാനം പ്രസിദ്ധേഹം ഷഷ്ടിയായിട്ടെടുത്ത് അപരോക്ഷത്വാച്ചുറുന്നതിനോട് അന്വിക്കുന്നത് ദാമതി വ്യക്തി അതുകൊണ്ട് ഉള്ളിൽ ഈ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അറിവ് ഇതാണ് പ്രത്യേകാത്മാവെന്നാണ് മനസ്സിലാക്കേണ്ട സിദ്ധാന്തം അതാണ് മനസ്സിലാക്കേണ്ടത് om oh.